നമസ്കാരം ഞാൻ പ്രവീൺ നമ്പൂതിരി ഒറ്റപ്പാലം ഫോൺ തൊണ്ണൂറ്റഞ്ച് ഇരുന്നൂറ്ററുപത് നാൽപ്പത് മൂന്ന് ഒമ്പത് ഒന്ന് നവഗ്രഹങ്ങൾ നവഗ്രഹങ്ങളിൽ തന്നെ അതിൻ്റെ ആദ്യത്തെ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന രണ്ട് ഗ്രഹങ്ങൾ സൂര്യനും ചന്ദ്രനും നമ്മൾ തുടക്കം തന്നെ സൂര്യൻ എന്നാണ് രണ്ടാമത് ആഴ്ചകളും അതെ സൺഡേ ആണ് തുടക്കം മൺഡേ ആണ് അല്ലെങ്കിൽ മൂണിൻ്റെ ഡേ ആണ് രണ്ടാമത്തെ ദിവസം ജ്യോതിഷം പറയുമ്പോഴും അതെ ആദ്യം സൂര്യൻ ചന്ദ്രൻ എന്നാണ് തുടങ്ങുക ആദിത്യൻ ചന്ദ്രൻ ചോവ എന്നുള്ള രീതിയിലാണ് തുടങ്ങുക അല്ലെങ്കിൽ സൂര്യനും ചന്ദ്രനും പ്രഥമസ്ഥാനം കൊടുത്തിട്ടുണ്ട് എവിടെയാണെങ്കിലും സൂര്യനും ചന്ദ്രനും പ്രഥമസ്ഥാനം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ സൗന്ദര്യ ലഹരിയിലൊക്കെ പല രോഗങ്ങളിലും ദേവിയുടെ കണ്ണുകളെ സൂര്യനും ചന്ദ്രനുമായിട്ട് സങ്കല്പിച്ചിട്ടുണ്ട് സൂര്യനും ചന്ദ്രനുമാകുന്ന രണ്ട് കണ്ണുകൾ എന്ന് പറയുന്നുണ്ട് അവിടെ ബാക്കി ഗ്രഹങ്ങളല്ല അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് അതായത് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു സങ്കല്പമാണ് സൂര്യനും ചന്ദ്രനും അർത്ഥം അപ്പോൾ സൂര്യൻ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ യഥാക്രമം നമ്മൾ പറഞ്ഞു മാതാവും പിതാവുമാണ് അച്ഛനും അമ്മയാണ് ഇനി ഇതിനെ ലോകത്തിൻ്റെ മുഴുവൻ പിതാവായിട്ടും ലോകത്തിൻ്റെ മുഴുവൻ മാതാവായിട്ടാണ് സങ്കല്പിക്കുന്നത് ഇനി നമ്മളൊരു രാജ്യമായിട്ട് കണക്കാക്കുകയാണെങ്കിൽ നവഗ്രഹങ്ങളെ ഒരു ഒരു സൗരയൂഥത്തിനെ ഒരു രാജ്യമായിട്ട് കണക്കാക്കുകയാണെങ്കിൽ സൂര്യൻ രാജാവും ചന്ദ്രൻ രാജ്ഞിയാണ് അപ്പോൾ നമുക്കറിയാമല്ലോ നമ്മളുടെ കുടുംബത്തിലെ അച്ഛനാണ് പ്രഥമ സ്ഥാനം അമ്മ രണ്ടാമത്തെ സ്ഥാനം പൊതുവെ അങ്ങനെയാണ് പൊതുവെ അങ്ങനെയാണ് കാണുന്നത് ഈ കുടുംബം എന്നതിനെ നമ്മളൊരു രാജ്യമായിട്ടാണ് കണക്കാക്കണമെന്നുണ്ടെങ്കിൽ രാജ്യത്തെ പ്രഥമ സ്ഥാനം ആ പ്രഥമ പൗരൻ അല്ലെങ്കിൽ ആ രാജാവാണ് അദ്ദേഹത്തിൻ്റെ പത്നിയാണ് രണ്ടാമത്തെ സ്ഥാനം ഇപ്പോൾ ഇന്ത്യ രാജ്യത്തെ പ്രഥമ പൗരൻ ഫസ്റ്റ് പേഴ്സൺ നമ്മുടെ രാഷ്ട്രപതിയാണ് അദ്ദേഹത്തിൻ്റെ വൈഫ് പ്രഥമ പൗര രണ്ടാമത്തെ സ്ഥാനമാണ് പഴയകാലത്തെ കൺസെപ്റ്റ് ഈ രാഷ്ട്രപതിയൊക്കെ പറഞ്ഞതിന് മുമ്പ് പഴയകാലത്തെ കൺസെപ്റ്റ് അനുസരിച്ച് രാജാവും രാജ്ഞിയാണ് രാജ്യത്തിൻ്റെ പരമാധികാരികൾ അപ്പോൾ രാജ്യത്തിൻ്റെ മൊത്തം പിതാവ് അച്ഛൻ സൂര്യനും രാജ്യത്തിൻ്റെ മൊത്തം മാതാവ് രാജ്ഞിയാണ് അപ്പോൾ ആ ക്രമം നോക്കുമ്പോൾ സൂര്യൻ രാജാവും ചന്ദ്രൻ രാജ്ഞിയാണ് സൂര്യൻ അച്ഛനും സൂര്യൻ ചന്ദ്രൻ അമ്മയാണ് അപ്പോൾ അങ്ങനെ വിശാലമായ ഒരു കൺസെപ്റ്റാണ് സൂര്യൻ ചന്ദ്രൻ എന്നുള്ളതിന് എടുക്കേണ്ടത് ഈ കാണുന്ന ഒരു ആകാശഗോളം എന്നുള്ള കൺസെപ്റ്റല്ല എടുക്കേണ്ടത് ഓരോ ജീവജാലത്തിലും സൂര്യനും ചന്ദ്രനും ഉണ്ട് നമ്മളുടെ ശരീരത്തിലൊക്കെ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും അംശങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഇടതുഭാഗത്തിന് ഇട എന്നും വലതുഭാഗത്തിന് പിങ്കള എന്നും പറയും നമ്മുടെ ശരീരത്തിൻ്റെ ഇടതുഭാഗത്ത് ഒരു നാടി സങ്കല്പിക നാടി പോകുന്നുണ്ട് അതിനെ ഇട നാടിയെന്നും നമ്മുടെ ശരീരത്തിൻ്റെ വലതുഭാഗത്ത് കൂടെ ഒരു സാങ്കല്പിക നാടി പോകുന്നുണ്ട് അതിനെ പിങ്കളാനാടി എന്നും പറയും ഈ ഇടാനാടി ചന്ദ്രനാഡിയും പിങ്കളാനാടി സൂര്യനാടിയുമാണ് ഇതൊക്കെ പൂജയിലും തന്ത്രത്തിലും ഒക്കെ യോഗയിലൊക്കെ ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട് അതിൻ്റെ യഥാക്രമം ഈ നാടികളുടെ തുടക്കമാണ് മൂക്ക് മൂക്കിൻ്റെ ദ്വാരമാണ് അതിന് പ്രധാനമായിട്ട് പറയുന്നത് പ്രാണായാമൊക്കെ അതിന് വളരെ പ്രാധാന്യം പറയുന്നുണ്ട് ഇടയെക്കൂടെ ശ്വാസം വലിച്ചുകയറ്റുക പിങ്കളെക്കൂടെ വിടുക അങ്ങനെ പറയുന്നുണ്ട് കൃത്യമായിട്ടൊക്കെ പല ഭാഗങ്ങളിലും പൂജയിലൊക്കെ സവിശേഷമായിട്ടുള്ള സ്ഥാനമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഇടതു സൂര്യ ചന്ദ്രനും വലത് സൂര്യനുമാണ് അർത്ഥം സൂര്യൻ ചന്ദ്രൻ എന്നീ രണ്ട് സങ്കല്പങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട് ഇടയെ സൂര്യ ഇടയെ ചന്ദ്രൻ അഥവാ അമ്മ അല്ലെങ്കിൽ സ്ത്രീ എന്ന് പറയുന്നു പിങ്കളയെ സൂര്യൻ അഥവാ അച്ഛൻ അഥവാ പുരുഷൻ എന്ന് പറയണു അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഇടതുഭാഗം സ്ത്രീത്വവും വലതുഭാഗം പുരുഷത്വമാണ് ഇത് പാശ്ചാത്യരാണെങ്കിൽ യഥാക്രമം അനീമ അനീമസ് ഇങ്ങനെ രണ്ട് വാക്കുകളിലാണ് അതിനെ ഈ മനഃശാസ്ത്രജ്ഞന്മാർ വിശേഷിപ്പിച്ചിട്ടുള്ളത് അതായത് ഓരോ പുരുഷനിലും ഒരു സ്ത്രീത്വമുണ്ട് ഓരോ സ്ത്രീയിലും ഒരു പുരുഷത്വമുണ്ട് നമുക്കറിയാം അപ്പോൾ നമ്മളിൽ കാണുന്ന വാത്സല്യം സ്നേഹം കരുണ ദയ ഇതൊക്കെ പുരുഷന്മാരായി പുരുഷന്മാരിൽ കാണുന്ന അതൊക്കെ സ്ത്രീത്വത്തിൻ്റെ ഒരു ലക്ഷണങ്ങളാണ് സ്ത്രീക്കാണ് ഇതൊക്കെ വളരെ കൂടുതലുള്ളത് സ്നേഹവും കരുണേ ദൈ മാതൃത്വവും വാത്സല്യമൊക്കെ നമുക്കുണ്ട് അപ്പം അത് സ്ത്രീത്വത്തിൻ്റെ ലക്ഷണമാണ് നമ്മളിലുള്ള അതേസമയം സ്ത്രീകളിലുള്ള തൻ്റെ ഇടം ധൈര്യം അതുപോലെ തന്നെ ആജ്ഞാശക്തി അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ നോക്കുമ്പോൾ അതൊക്കെ പുരുഷത്വത്തിൻ്റെ ലക്ഷണങ്ങളാണ് അപ്പോൾ ഓരോ സ്ത്രീയിലും ഒരു പുരുഷനുണ്ട് ഓരോ പുരുഷനിലും ഒരു സ്ത്രീയുണ്ട് അതുകൊണ്ടും കൂടിയും അതുകൊണ്ട് പാശ്ചാത്യം അതിനെ അനീമ അനീമസ് എന്ന് പറയും നമ്മൾ ഇടാ പിങ്കള എന്ന് പറയും നമ്മളുടെ ഇടതുഭാഗം സ്ത്രീയും വലതുഭാഗം പുരുഷനുമാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ അർദ്ധനാരീശ്വര സങ്കല്പം എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത് അർദ്ധനാരീശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താ ശിവൻ്റെ ഇടതു ശിവൻ ഇടതുഭാഗം പാർവതിയും വലതുഭാഗം ശിവനുമായിട്ടുള്ള സങ്കല്പത്തിനെയാണ് അർദ്ധനാരീശ്വരൻ എന്നു പറയണത് നമ്മളെല്ലാവരും ശിവന്മാരാണ് ശിവോഹം എന്നാണ് പറയുന്നത് ഞാൻ ശിവനാകുന്നു ഞാൻ ഈശ്വരനാകുന്നു അപ്പം നമ്മളൊക്കെ അർദ്ധനാരീശ്വരന്മാരാണ് അർത്ഥം എല്ലാ ജീ എല്ലാ മനുഷ്യരും ഇടതുഭാഗം സ്ത്രീയും വലതുഭാഗം പുരുഷനാണ് ഇടതുഭാഗം ചന്ദ്രനും വലതുഭാഗം സൂര്യനുമാണ് ഈ അർദ്ധനാരീശ്വര സങ്കല്പമൊക്കെ അങ്ങനെയാണ് വന്നത് അത് ഞാൻ പറഞ്ഞില്ലേ അതൊരു ഭാവനയാണ് നമ്മളുടെ പലതും ഭാവനയാണ് നമ്മളിടതു ഭാഗം സ്ത്രീയും വലതുഭാഗം പുരുഷനുമാണ് ഇടത് ഭാഗം സൂ ചന്ദ്രനും വലതു ഭാഗം സൂര്യനുമാണ് എന്ന് പറയുന്നതിനേക്കാൾ പകുതി സ്ത്രീയും പകുതി പുരുഷനും ചേർന്നിട്ടുള്ളൊരു മനോഹരമായ ഒരു സങ്കല്പമാണ് പറയണമെന്നുണ്ടെങ്കിൽ എത്ര നല്ലൊരു ഭാവന സൗന്ദര്യാത്മകത അതിലുണ്ട് അപ്പം എന്ന് പറഞ്ഞാൽ അതാണ് ചന്ദ്രനും സൂര്യനും ചേർന്ന ആ ഒരു രൂപം സ്ത്രീയും പുരുഷനും ചേർന്ന ഒരു രൂപം പ്രകൃതിയും പുരുഷനും ചേർന്ന ഒരു രൂപം അതുകൊണ്ടും കൂടിയാണ് സ്ത്രീകൾ ഇപ്പോൾ ഇടതുഭാഗത്ത് നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം ഇടതുഭാഗം സ്ത്രീത്വത്തിന് പ്രാധാന്യമുള്ളത് കൊണ്ടാണ് പാചാമിൻ്റെ ഇടതു വാരിയിൽ സൃഷ്ടിച്ചു എന്ന് ബൈബിളിൽ പറയുന്നുണ്ട് ആ സങ്കല്പമൊക്കെ വരണേനെ എത്രയോ തന്നെ നമ്മൾ സ്ത്രീയെ ഇടതുഭാഗമായിട്ടു കണക്കാക്കിയിരിക്കുന്നത് തുല്യ പ്രാധാന്യം രണ്ട് ഭാഗത്തിനും നമുക്ക് തുല്യ പ്രാധാന്യമുണ്ട് ഇടതുഭാഗം മാത്രമായിട്ടൊരു ശരീരമില്ല വലതുഭാഗം മാത്രമായിട്ടൊരു ശരീരമില്ല അപ്പം അതുകൊണ്ടുതന്നെ ഈ ഒരു സങ്കല്പം സ്ത്രീ ഇടതുപാകണേൻ്റെ ഉദ്ദേശമാണ് അപ്പോൾ നോക്കൂ നമ്മളിൽ തന്നെ സൂര്യനുമുണ്ട് നമ്മളിൽ തന്നെ ചന്ദ്രനുമുണ്ട് അപ്പോൾ സൂര്യൻ ചന്ദ്രൻ എന്നീ പറയപ്പെടുന്ന ആ ഒരു സങ്കല്പം ആകാശത്തിൽ കാണുന്ന ഗോളങ്ങൾ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളിലുമുള്ള ചൈതന്യമാണ് അതിൻ്റെ ഒരു പ്രതീകമാണ് ആ ലോകം മുഴുവൻ നിറഞ്ഞു ഈ രണ്ട് ചൈതന്യങ്ങളുടെ പ്രതീകങ്ങളാണ് സൂര്യനും ചന്ദ്രനും എന്ന് മനസ്സിലാക്കുക ഇനിയും ഒരുപാട് കാര്യങ്ങൾ സൂര്യനും ചന്ദ്രനുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നുണ്ട് സൂര്യൻ ഹൃദയവും ചന്ദ്രൻ മനസ്സുമാണ് ചന്ദ്രൻ ജലത്തിൻ്റെ ഓരോന്നിനും ഓരോന്നിനും ഓരോ നിരവധി നമ്മുടെ ജീവിതത്തിനെ സ്വാധീനിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അതിൽ ഒന്ന് രണ്ടാണ്ട് അതിലേക്ക് നമുക്കൊന്ന് കടന്ന് നോക്കാം എന്തുകൊണ്ട് എന്ന് നോക്കാം അടുത്ത ദിവസങ്ങളിലേക്ക് നമുക്ക് ലേക്ക് കിടക്കാം നമസ്കാരം